ന്തരഗർഗതവ്യൈഭവോ യജന്യവുഷ വ്യതിഷ്ട വിശ്വാത്മന പ്രഹ്ലാദീതൽക്ഷണമിഷ്ട്രമാണം ഹരി സോവ്യത്വശരദിന്ദുസുന്ദരതാഗ്രചൂടാമണു ജ്യോതിരക്ഷിണാമൂർത്തിവ്യാസങ്കരശ്ദി ജ്ഞാനോത്തമാഖ്യം തദ്വന്ദേ സത്യാദപദോദിതം വിപ്രതിപത്തിവ്രാതധ്വാന്തധംസപ്രഗൽഭവാചാ പ്രിദേശിസുഖമുനീപാ വിദുഷാ ിത്തെ <coughs> തിരേിതത്വം അടുത്തത്വേതു പ്രകാശം അതിലെന്ത് ദോഷം പറഞ്ഞു ദീപത്തിൽ പോകും ദീപം പറയുന്നത് സ്വവ്യവഹാരേതുവാണ് വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഏതൊക്കെയാണ് അഭിജ്ഞാഭിമന മഹാനാഭി മൂന്നുതരത്തിൽ വരാം അറിവ് അറിയുക പറയുക പ്രവർത്തിക്കുക ഇപ്പൊ ദീപത്തിന്റെ അറിവിന് ദീപത്തിന്റെ സംബന്ധിച്ചുള്ള പ്രവൃത്തിക്ക് ദീപത്തിന്റെ സംബന്ധിച്ച് പറയുന്നതിനെല്ലാം അത് ഹേതുവാണ് വിഷയം ഹേതുവാണ് വ്യവഹാരത്തിൽ വ്യവഹാര ും പ്രകാശത്വം ഒന്ന് അതിവ്യാപ്തി ഒന്ന് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അടുത്ത് പറയുണ്ട് അധ ഞാന വ്യവഹാര പ്രകാശത്വം വിവക്ഷിതം അനു വ്യവസായ അതിവ്യാപ്തി അധ പക്ഷാന്തരം പറയാണ് ശരി ഇനി അങ്ങനെ ദോഷമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ സ്വവ്യവഹാര പ്രകാശത്വം എന്ന് പറയുന്നിടത്ത് സ്വശബ്ദത്തിന് പകരം എന്തുചേർക്കും പ്രകാശത്വം അങ്ങനെയാക്കലക്ഷ പറഞ്ഞതുകൊണ്ട് ദീപത്തെടുത്തോണ്ടല്ലേ പ്രശ്നം വന്നു അതെടുക്കാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യും സ്വയ പരിഹരിച്ചിട്ട് പരിഷ്കരിച്ചിട്ട് സ്വവ്യവഹാരഹേതുവം എന്ന് പറയുന്നത് സ്വശബ്ദത്തിൻ്റെ സ്ഥാനത്ത് ജ്ഞാന ശബ്ദം ചേർത്തിട്ട് ജ്ഞാന വ്യവഹാര ഹേതുത്വ സതി പ്രകാശത്വം ജ്ഞാന ഇനി നോക്കുക ചിതാത്മാവിൽ ചിതാത്മാവ് ജ്ഞാനസ്വരൂപനാണോ അതുകൊണ്ട് ജ്ഞാന വ്യവഹാരത്തിന് ഹേതു ചിതാത്മാവാണ് എന്നുവെച്ചാൽ ചിതാത്മാവ് ജ്ഞാനമാണെന്ന് അറിയുക ചിതാത്മാവ് ജ്ഞാനമാണെന്ന് പറയുക ചിതാത്മാവ് ജ്ഞാനമായതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രവൃത്തിയോ നിവൃത്തിയോ മോക്ഷത്തിനു വേണ്ടി പ്രവൃത്തി അങ്ങനെ ഏതെങ്കിലും സംഭവിക്കാമെങ്കിൽ അതും അല്ലെങ്കിൽ ഏത് വന്നു മതി ജ്ഞാനവ്യവഹാരം മതി എല്ലാം വേണമെന്നില്ല അപ്പോൾ ചിതാത്മാവ് ജ്ഞാനമായി ജ്ഞാനവ്യവഹാര ഹേതുവായി ചിതാത്മാവ് ലക്ഷണ സമന്വയിച്ചു ദോഷമില്ല പക്ഷെ വേറെടുത്ത് ദോഷം വരുന്നത് അതിവ്യപ്തിഹി അനുവ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണോ ജ്ഞാനവിഷയീഭൂതം ജ്ഞാനം അതാണ് അനുവ്യവസായം ജ്ഞാനവിഷയകജ്ഞാനം എന്ന് ചിലടത്ത് പറയും ഏതൊരു ജ്ഞാനത്തിനാണോ ജ്ഞാനം വിഷയമായിരിക്കുന്നത് ഏതൊരു ജ്ഞാനത്തിനാണോ ജ്ഞാനം വിഷയമായിരിക്കുന്നത് ആ ജ്ഞാനത്തിന് എന്തു പറയുന്നു ഒരു ജ്ഞാനവിഷയീഭൂതം ജ്ഞാനം അത് പ്രത്യക്ഷമാണ് അനോവസായം പ്രത്യക്ഷം ഞാനാണ് താർക്കികന്മാരുടെ അഭിപ്രായം അനുസരിച്ചാണ് പറയുന്നത് താർക്കികന്മാർ പറയുന്നത് അയം ഖടഹ എന്നുള്ളൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ടിട്ട് ഘടകവുമായിട്ട് ഇന്ദ്രിയാർക്ക് സന്നിവർഷമുണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അയം ഘട എന്ന് പ്രത്യക്ഷം ഞാനുണ്ടാകുന്നു ഇനി ഞാനുണ്ടായിക്കഴിഞ്ഞാൽ ഞാനുണ്ടാകുന്നയാളിന് അടുത്ത് ഘടജ്ഞാനവാൻ അഹം എന്ന് ഞാനുണ്ടാവും ആദ്യം അയം ഘടഹ എന്നുള്ള ജ്ഞാനം രണ്ടാമത് ഘടജാനവാൻ അഹ എന്നുള്ള അഹം എന്നുള്ള ജ്ഞാനമുണ്ടാവുന്നു അല്ലാദ്യത്തെ ജ്ഞാനത്തിന് വ്യവസായ ജ്ഞാനമെന്നും രണ്ടാമത്തെ ജ്ഞാനത്തിന് അനുഭവ വ്യവസായ ജ്ഞാനം പറയുന്നു അതുകൊണ്ട് ജ്ഞാനം വിഷയമായിരിക്കുന്ന ഏതൊരു ജ്ഞാനത്തിനാണ് എന്നോട് എന്തു പറയുന്നത് ജ്ഞാന വിഷയീഭൂതം ജ്ഞാനം വിഷയീഭൂതം യസ്യാണ് അതാണ് അനുവ്യവസായ ഞാനെന്ന് പറയുന്നത് ഇത് തന്നെ ജ്ഞാന വിഷയീഭൂതം ജ്ഞാനത്തിന് വിഷയീഭൂതമായിരിക്കുന്ന ഞാനം അപ്പം എന്തായി വ്യവസായ ജ്ഞാനസ്യ വിഷയീഭൂതം ഞാനം ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന ഞാനുമായി വ്യവസായജ്ഞം ഇപ്പോൾ വ്യവസായ ജ്ഞാനവും അനു വ്യവസായം ഞാനും തമ്മിൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം വ്യവസായ ജ്ഞാനം എന്ന് പറയുമ്പം മറ്റൊരു ജ്ഞാനത്തിന് വിഷയമായിരിക്കും അനുവ്യവസായം എന്ന് പറയുമ്പം വ്യവസായ ജ്ഞാനത്തെ വിഷയമാകുന്നു മനസ്സിലായോ മറ്റൊരു ജ്ഞാനത്തിന് വിഷയമായിരുന്നു മറ്റൊരു വിഷയമാകും വ്യവസായ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ജ്ഞാനത്തിന് വിഷയമായ ജ്ഞാനം മറ്റൊരു ജ്ഞാനം എന്ന് പറയുന്നത് എന്തോന്നു അനു വ്യവസായം മറ്റൊരു ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന ജ്ഞാനത്തിനെന്ത് പറയുന്നത് വ്യവസായ അതുകൊണ്ട് അങ്ങനെ പറയാം ജ്ഞാന വിഷയീതം ജ്ഞാനം ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന ജ്ഞാനം എന്തായി വ്യവസായ അങ്ങനെ പലതരത്തിലും പറയാം ജ്ഞാനവിഷയകം ഞാനം ജ്ഞാനം വിഷയമായിരിക്കുന്ന ഏത് ജ്ഞാനമാണോ അതെന്തായി അനുഭവസായം ഇതാണ് വ്യത്യാസം അപ്പോൾ പ്രഥമജ്ഞാനത്തിന് വ്യവസായ ജ്ഞാനമെന്നും ദ്വീയജ്ഞാനത്തിന് അനുവസായം എന്നും പറയും ജ്ഞാന വിഷയകം പ്രത്യക്ഷം എന്നും അനുവ്യവസായത്തിന് പറയും ജ്ഞാനവിഷയകം പ്രത്യക്ഷം ജ്ഞാനം വിഷയമായിരിക്കുന്ന പ്രത്യക്ഷം എന്താണ് അനുവ്യവസായം അനുവ്യവസായത്തിന് വിഷയം ജ്ഞാനമാണ് അനുവ്യവസായം പ്രത്യക്ഷമാണ് ജ്ഞാനവിഷയകം പ്രത്യക്ഷം ഇങ്ങനെയൊക്കെ പലതരത്തിൽ പറയും അപ്പൊ ഇവിടെ സ്വകാര്യ ഹേതുത്വം എന്ന് പറയുന്നത് ജ്ഞാന വ്യവഹാര ഹേതൃത്വം എന്നാക്കി ജ്ഞാന വ്യവഹാര ഹേതുത്വം എന്നുവെച്ചാൽ എന്തുവരുന്നു അയം ഖഡ ഇതൊരു ജ്ഞാന വ്യവഹാരം ആണ് ജ്ഞാനമാണ് അയംകട എന്ന് പറയുന്നൊരു ജ്ഞാനം അതിനെ അറിയണമെങ്കിൽ എന്ത് വേണം അനുവസായം വേണം അതിനെ അറിയണമെന്നുണ്ടെങ്കിൽ അനുവസായം വേണം അപ്പോൾ വ്യവസായ ജ്ഞാനത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യവഹാരം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അനുവസായം വേണം അപ്പോൾ വ്യവസായ ജ്ഞാനരൂപത്തിലുള്ള വ്യവഹാരത്തിന് ഹേതുവായി അനുവസായം അപ്പോൾ അയം ഘടാന്ന് ഞാനുണ്ടായി ഘടന അഹം എന്നുള്ള ബോധം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ആദ്യത്തെ ജ്ഞാനത്തെ കുറിച്ച് എന്ത് വ്യവഹാരം നടക്കാനുണ്ട് ഒന്നും നടക്കത്തില്ല ഞാനറിയണം എന്താണ് എനിക്ക് ഘടഞ്ഞാനം ഉണ്ടായി എന്നറിയണം അപ്പോൾ വ്യവസായ രൂപത്തിലുള്ള ജ്ഞാന വ്യവഹാരത്തിന് ഹേതുവായി അനുഭവസായു അപ്പം ജ്ഞാന വ്യവഹാര ഹേതുത്വം അനുഭവസായത്തിൽ വന്നു അപ്പൊ ചിതാത്മാവിന് പോയ ലക്ഷണം അനുഭവസായത്തിൽ വന്നു അതിനെന്താ കുഴപ്പമായിക്കോട്ടെ അനുഭവസായത്തിൽ വന്നോട്ടെ എന്താ പ്രശ്നം അനുഭവസായം സ്വയം പ്രകാശമുണ്ട് അനുവ്യവസായം സ്വയംപ്രകാശം അല്ല ചിതാത്മാവല്ലാതെ എല്ലാം വൃത്തിജ്ഞാനങ്ങളാണ് വ്യവസായം പോലെ തന്നെ വൃത്തിജ്ഞാനാണ് അനുവ്യവസായം ചിതാത്മാവെന്ന് പറഞ്ഞ ലക്ഷണം അനു വ്യവസായത്തിൽ പോയി കഴിഞ്ഞാൽ അനു വ്യവസായം താർക്കികന്മാരുടെ പക്ഷം ഇനി അദ്വൈതികൾ പറയുകയാണ് ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല നിങ്ങളീ പറഞ്ഞ ദോഷം പറയുന്ന എവിടെ അനുവസായത്തില്ലേ പറഞ്ഞു പക്ഷേ അനുവസായത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ദോഷം പറയും ഇത്ര തന്നെ ദോഷങ്ങളിഷ്ടം പോലെ സ്റ്റോപ്പുണ്ട് താർക്കീന്ന് അനുവ്യവസായത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ദോഷം അത്ര വേറെ ദോഷം പറയിക്കണോ അടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് കാരണം അങ്ങനെ വന്നുകഴിഞ്ഞാൽ അനവസ്ഥ ദോഷം വരും അതുകൊണ്ട് വേറൊരു അനുവ്യവസായത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല ഏഹ് ആ അനു സ്വയംപ്രകാശം എന്ന് പറയുന്ന ഒരു സാധനം ആർക്കേ ഉള്ളൂ ഏ അതിക്ക് മാത്രമേ ഉള്ളൂ അനുവ്യവസായം സ്വയംപ്രകാശം എന്ന് പറയത്തില്ല പക്ഷെ അത് സ്വവിഷേകമാണ് അനുവ്യവസായം എന്ത് ചെയ്യുന്നു അതിനെ തന്നെ ഗ്രഹിക്കുന്നു സ്വവിഷേകജ്ഞാനമാണ് സ്വയംപ്രകാശം സ്വയംപ്രകാശം എന്തായിരിക്കും അത് അവൈദ്യമായിരിക്കും സ്വയം പ്രകാശം എന്ന് വെച്ചാൽ അതിന് വേറൊരു ജ്ഞാനത്തിൻ്റെ വിഷയം ആകത്തല്ല അനു വ്യവസായം എന്ന് പറയുന്നത് എന്താണ് സ്വഭിഷേകജ്ഞാനമാണ് അതുകൊണ്ട് പ്രശ്നമാണ് എന്തുകൊണ്ട് കാരണം ഇങ്ങനെ രണ്ട് ജ്ഞാന അനുഭവത്തിലുള്ളതാണ് അയം ഘടക എന്നും ഘടജ്ഞാനമാണ് അഹം എന്നും അനുഭവമുണ്ട് രണ്ടിനെയും സ്വീകരിക്കുന്നു ആദ്യത്തെ അതിനുവേണ്ടി രണ്ടാമത്തെ ജ്ഞാനം അതിന് വേറെ ഞാനിതിൻ്റെ ആവശ്യമുള്ളതായിട്ട് പിന്നെ ഘടൻ ജ്ഞാനമാനഹം പിന്നെ വേറെ എന്താ ജ്ഞാനം ആർക്കും അനുഭവമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം സ്വയംപ്രകാശം വേദ്യമായതുകൊണ്ട് സ്വയം പ്രകാശം അല്ല ചിതാത്മാവാണ് വേദ്യമല്ലാത്തത് സ്വയംപ്രകാശം അപ്പോൾ എന്താണോ വ്യവസായ ജ്ഞാനത്തെ എൻ്റെ വ്യവഹാരത്തിന് ഹേതുവായിരിക്കുന്ന എന്താണ് ഇതാണെന്ത് അനുവ്യവസായം ആ അനു വ്യവസായത്തിൽ ജ്ഞാന വ്യവഹാര ഹേതുത്വം വരുന്നു അതുകൊണ്ട് സ്വയംപ്രകാശമല്ലാത്ത അനുഭവസായത്തിൽ സ്വയംപ്രകാശമായ ചിതാത്മാവിൻ്റെ ലക്ഷണം സമന്വയിച്ച് എന്ത് ദോഷം വരും അതിവ്യാപ്തി എന്ന് പറയുന്നു അതാണ് പറയുന്നത് അത് ജ്ഞാന വിവാരഹേതു പ്രകാശത്വം ഉപേക്ഷിതം പിന്നെ പ്രകാശത്വമുണ്ട് അനുപാരഹേതത്വമുണ്ട് അനുഭവസായത്തിൽ പ്രകാശത്വമുണ്ട് പ്രകാശം എന്ന് വെച്ചാൽ ജ്ഞാനമാണ് തത് പിന്ന അത് ശരിയല്ല അനുവ്യവസായി അധിവ്യാപ്തി അനുവ്യവസായത്തിനും ജ്ഞാന വ്യവഹാര ഹേതുത്വവും പ്രകാശത്വവും ഒന്നും സ്വയം പ്രകാശം അല്ലാത്ത അനുവ്യവസായത്തിൽ ലക്ഷണം അതുതന്നെ വിശദിക്കുന്നത് തസ്യ വേദ്യത്വേപി വ്യവസായ ജ്ഞാന വ്യവഹാര ഹേതുപ്രകാശത്വം അതെങ്ങനെയാണ് ദോഷമെന്നു പറയുന്നത് അനുവസായ വേദ്യത്വേപി അനുവ്യവസായം വേദ്യമാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം സ്വയംപ്രകാശമല്ല അവിടെ ലക്ഷണം പോകാൻ പാടില്ല എന്നാണ് തസ്യ എന്ന് പറഞ്ഞാൽ വേദ്യത്വേപി അതിൽ വേദ്യത്വമുണ്ട് എന്ന് വെച്ചാൽ വേദ്യമാണ് വ്യവസായ ജ്ഞാന വ്യവഹാര ഹേതുപ്രകാശത്താണ് വ്യവസായജ്ഞാന വ്യവഹാരത്തിന്റെ ഹേതുവുമാണ് പ്രകാശമാണ് വിദ്യാർത്ഥിക്കും പറയാല്ലേ അതിവ്യാപ്തി നേരത്തെ പറഞ്ഞു അതിവ്യാപ്തി ഹേ എങ്ങനെ അതിവ്യാപ്തി ഒന്നും പറയുന്നു തസ്യ എന്ന് പറഞ്ഞാൽ വേദ്യത്യേ എന്ന് പറഞ്ഞാൽ സ്വയംപ്രകാശം അല്ല അല്ലെങ്കിലും വ്യവസായ ജ്ഞാന വ്യവഹാരം അതിന് ഹേതുവാണെന്ത് അപ്പൊ ഇവിടെ ഇനി അദ്വൈതിക്ക് പറയാമെന്നുള്ള ഒരേ ഒരു സമാധാനം മനോവ്യവസായത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്ത് പറയുന്നു സമീപം ഈ വാക്യത്തിൽ ദോഷവും ലക്ഷണസമന്വയവും രണ്ടും കൂടി കാണിച്ചിരിക്കുകയാണല്ലോ എങ്ങനെ അതിവ്യാപ്തി വരാൻ വേണ്ടി എന്ത് ലക്ഷണ സമന്വയമാണ് ഉണ്ടായതെന്നും അത് അങ്ങനെ വരുന്നതിലുള്ള തെറ്റെന്താണെന്ന് രണ്ടും കൂടി കാണിച്ചിരിക്കുകയാണല്ലേ ആ ആദ്യം പറഞ്ഞത് അതിവ്യാപ്തി വരുന്നു രണ്ടാന്ന് പറയുന്നത് എങ്ങനെയാന്ന് വരുന്നു പിന്നെ വരാൻ പാടില്ല എന്നുള്ളതാണ് വേദ്യത്വ വേപി എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാൻ പാടില്ലല്ലോ വേദത്വം എന്ന് പറയുമ്പോഴത്തേക്ക് അതില് അല്ല വേദ്യത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ എങ്ങനെ അതിവ്യാപ്തി വന്നു എന്ന് പറയാൻ വേണ്ടി കാരണം വേദ്യത്തിൽ ലക്ഷണം സമന്വയിച്ചത് കൊണ്ടാണ് അതിവ്യാപ്തി വന്നത് എങ്ങനെ അതിവ്യാപ്തി വന്നു ഇത് വേദ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തു പറയും അത് സ്വയം പ്രകാശമായി ഞങ്ങൾ സ്വീകരിച്ചു ലക്ഷണം സമന്വയിക്കുന്നോണ്ട് കുഴപ്പമില്ല അനു വ്യവസായത്തെ ഞങ്ങൾ സ്വയംപ്രകാശമായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്തോ പക്ഷെ സ്വീകരിക്കാൻ പറ്റത്തില്ല അനുപ്രകാശ് അനു വ്യവസായമേ ഇല്ല പിന്നെങ്ങനെ അതിനെ സ്വയംപ്രകാശമായി സ്വീകരിക്കുന്നു അപ്പോൾ തർക്കികന്മാരുടെ പക്ഷത്തിലൊരു അനു വ്യവസായമുണ്ട് അതിന് ലക്ഷണം സമന്വയിച്ചു അതിനെന്താ അസ്വയം പ്രകാശം അതുകൊണ്ട് അതിവ്യാപ്തി അപ്പോൾ അതിവ്യാപ്തി വരുന്നതിന് ഹേതു പറഞ്ഞതാണ് അനുവേദ്യം വേദ്യത്വമായതുകൊണ്ട് അതിവ്യാപ്തി അല്ലെങ്കിൽ സ്വയംപ്രകാശമാണെങ്കിൽ ജ്ഞാനമല്ലേ അനുസ്വയം പ്രകാശമായി സ്വീകരിച്ചുകൂടെ എന്നാൽ അതിവ്യാപ്തി ഇല്ല പക്ഷെ അത് അദ്വൈതിക്ക് സാധ്യമില്ല കാരണം അദ്വൈതിയെ സംബന്ധിച്ച് അനുവ്യവസായം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അങ്ങനെ നിങ്ങൾ താർഹികം പറയണം നിങ്ങളങ്ങനെ ഒരു അനുഭവത്തെ സ്വീകരിക്കുന്നെങ്കിലും ഇല്ലെങ്കിലും ദോഷം വരും നിങ്ങളെ അനുഭവ സഹായത്തെ സ്വീകരിക്കേണ്ട വേറെ ദോഷങ്ങൾ എന്താണെന്നാണ് അടുത്ത് പറയുന്നത് ഇപ്പോ ദീപത്തിന്റെ ജ്ഞാനം ഒരാൾക്കുണ്ടായി ദീപജ്ഞാനം ദീപം പുറത്തിരിക്കുകയാണ് ശഷുവിൻ്റെ സന്നിവർഷം ഉണ്ടായി ദീപജ്ഞാനം ഉണ്ടായി അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും ദീപജ്ഞാനം ഇതം അങ്ങനെ ആയിരിക്കും ജ്ഞാനം ഉണ്ടാകും പ്രതിപാനം യുദ്ധം അങ്ങനെ ഞാനുണ്ടായി വ്യവസായം ഞാനായിക്കോട്ടെ പ്രതിപജ്ഞാനയിധം അനുവ്യവസായം വരുമ്പോൾ എന്ന് പറയേണ്ടി വരും പ്രതിപാനവാൻ അഹം അങ്ങനെ വരും അതിന്റെ ആവശ്യമില്ല ജ്ഞാനത്തിൻ്റെ കൂടെ സാക്ഷിവാസ്യമാണ് ജ്ഞാനം സാക്ഷിവാസ്യമായതുകൊണ്ട് അദ്വൈകാൻ ആവശ്യമില്ല ഈ സാക്ഷി എന്ന് പറയുന്ന ഒരു ഏർപ്പാട് തർക്കിയ ഇല്ല ഇപ്പൊ പ്രദീപജ്ഞാനം ഒരാൾക്കുണ്ടായി പ്രദീപത്തെ സംബന്ധിച്ച് പ്രദീപ ജ്ഞാനം ഇതെന്നൊരു ജ്ഞാനം ഉണ്ടായി അപ്പൊ ഈ ജ്ഞാനം ഉണ്ടാകുമ്പോ ഈ ജ്ഞാനത്തിന് വിഷയം എന്താണെന്ന് നോക്കുക എന്താണ് എന്താണ് പ്രദീപിഷേകം പ്രദീപ വിഷയ ആദ്യം നോക്കുക പ്രദീപത്തെ കുറിച്ചൊരു ജ്ഞാനം ഉണ്ടായി ആ ഞാനും അങ്ങനെയായിരിക്കും പ്രദീപം അല്ലേ പ്രദീപത്തെക്കുറിച്ചാണ് ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അത് ഇതം പ്രദീപം ഇത് പ്രദീപത്തെക്കുറിച്ചുള്ള ജ്ഞാനം അല്ല ഉണ്ടായിരുന്നു പിന്നെയോ പ്രദീപജ്ഞാനം എന്ന് പ്രദീപത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് ഞാനും ഉണ്ടായിരുന്നു ഇല്ലേ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നു എന്റെ വ്യത്യാസം മനസ്സിലാക്കണം പ്രദീപം എന്നൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞ അവിടെ വിഷയം എന്തായിരിക്കും പ്രദീപം ഇത് പ്രദീപജാനം വിഷയമായി അപ്പൊ അവിടെ വിഷയം എന്തായിരിക്കും പ്രദീപവും ജ്ഞാനവും രണ്ടും വിഷയമാകുന്നു എന്തിനാ ആ അപ്പൊ പ്രദീപത്തെയും ജ്ഞാനത്തെയും വിഷയമാക്കി കഴിഞ്ഞാലേ നമുക്ക് പ്രദീപജ്ഞാനമിതമെന്ന് പറയാൻ പറ്റും അപ്പോ ഇവിടെ ഏതാണ് വ്യവസായം ഏതാണ് അനുവസായം എന്ന് തിരിച്ചറിയണം മനസ്സിലായോ പ്രദീപത്തെക്കുറിച്ച് ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അയം ഘടഹ എന്ന് പറഞ്ഞു ഇത് എന്ത് വരുന്നു അയം പ്രദീപ എന്നുണ്ടായിക്കഴിഞ്ഞാൽ അത് വ്യവസായജ്ഞ പ്രദീപജ്ഞാനം എന്ന് ജ്ഞാനത്തെ വിഷയമാക്കുന്ന രണ്ടാമത്തെ ഒരു ജ്ഞാനുണ്ടാകുമ്പോൾ ഒന്ന് വരുന്നു അത് പ്രദീപജ്ഞാനത്തെക്കുറിച്ചുള്ള ജ്ഞാനമായതുകൊണ്ട് അതനു വ്യവസായമാണ് മനസ്സിലായോ അതുകൊണ്ട് പ്രദീപജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം അനുവസായം പ്രദീപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇത് രണ്ടിനുള്ള പ്രത്യേകത ഒന്ന് ഒന്ന് വ്യവസായം മറ്റൊന്ന് അനു വ്യവസായം പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണോ പ്രദീപം എന്ന് ഞാനുണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിൻ്റെ വിഷയം എന്തായിരിക്കും പ്രദീപ ഞാനം എന്ന വിഷയം ഞാനുണ്ടായിക്കഴിഞ്ഞാലോ രണ്ട് വിഷയങ്ങളുണ്ടവിടെ എന്നേ ഒന്ന് പ്രദീപവും മറ്റൊന്ന് ജ്ഞാനവും അപ്പോ ഇവിടെ ഘടഞ്ഞാനം പടഞ്ജാനം പ്രദീപജ്ഞാനം ഇങ്ങനെയൊക്കെയുള്ള ജ്ഞാനത്തെക്കുറിച്ച് എങ്ങനെ ജ്ഞാനം ഉണ്ടാകും പ്രദീപജ്ഞാനത്തെക്കുറിച്ച് ഘടജ്ഞാനത്തെക്കുറിച്ച് പടഞ്ഞാനത്തെക്കുറിച്ചൊക്കെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ ജ്ഞാനത്തിന് എന്റെ വിഷയം എന്ന് പറയുന്നത് പടവും ജ്ഞാനം ഘടകും ഞാനം പ്രദീപവും ഞാനും രണ്ടെണ്ണമുണ്ട് അതിൽ പടഞ്ഞാനം അവിടെ പടം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഘടാനത്തിൽ നിന്ന് വേറെയാണ് ഘടഞ്ഞാനം അവിടെ ഘടവും പറഞ്ഞുകൊണ്ട് പടഞ്ഞാനത്തിൽ നിന്ന് വേറെയാണ് പ്രദീപം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഘടപ്പടജാനങ്ങളിൽ നിന്ന് വേറെയാണ് എല്ലായിടത്തും പൊതുവായിട്ടുള്ള എന്താണ് മാറി വരുന്ന എന്താണ് അതുകൊണ്ടൊന്ന് വിശേഷവും മറ്റൊന്ന് വിശേഷണവുമാണ് അപ്പം പ്രദീപജ്ഞാനത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടാകുമ്പോൾ അതിൻ്റെ വിഷയമായ പ്രദീപം വിശേഷണവും ജ്ഞാനം വിശേഷവുമാണ് പ്രദീപ ജ്ഞാനത്തെക്കുറിച്ചുണ്ടായ ജ്ഞാനം പ്രദീപജ്ഞാനം ഇതം എന്നുള്ള ആ ജ്ഞാനം വിശിഷ്ടവിഷയകമാണ് എന്നുവച്ചാൽ ജ്ഞാനത്തിന്റെ വിഷയം വിശേഷണത്തോടു കൂടിയ ഒന്നാണ് വിശിഷ്ടമാണ് ജ്ഞാനത്തിൻ്റെ ഒരു പ്രധാനമായ നിയമം ജ്ഞാനത്തിന് വിഷയം കാരണമാണ് അയം ഘട എന്നൊരു ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആ ജ്ഞാനത്തിന് വിഷയം കാരണമാണ് അല്ലേ എന്നൊരു ജ്ഞാനം ഉണ്ടാവും ദണ്ഡിയെ കുറിച്ച് ഞാനുണ്ടായി ദണ്ഡി പുരുഷ അവിടെ വിഷയം എന്താണ് ദണ്ഡി പുരുഷ എന്ന് ഞാനുണ്ടായു ദണ്ഡവും പുരുഷനും ദണ്ഡി പുരുഷ എന്നൊരു ജ്ഞാനം ഉണ്ടായി ഗ്രഹനവിടെ വിഷയമാവുന്നു ദണ്ടും പുരുഷൻ കാരണം അവിടെ വിഷയം ജ്ഞാനത്തിൻ്റെ വിഷയം വിശിഷ്ടമാണ് ദണ്ഡീപുരുഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ദണ്ഡ വിശിഷ്ടപുരുഷൻ അപ്പം ആ ജ്ഞാനത്തിന് എങ്ങനെയാണോ എന്താണ് പുരുഷൻ കാരണമായത് അതുപോലെ ദണ്ഡവും കാരണമാണ് അല്ലേ പുരുഷൻ്റെ ദണ്ഡിരുന്നോണ്ടല്ലേ ദണ്ഡീ പുരുഷന്ന് ജ്ഞാനം ഉണ്ടായിരുന്നു ഇപ്പം ദണ്ഡീ പുരുഷ എന്നുള്ള ജ്ഞാനത്തിന് വിഷയം രണ്ടുണ്ട് ഒന്ന് പുരുഷൻ മറ്റൊന്ന് ദണ്ട് ഒന്ന് വിശേഷ്യം മറ്റൊന്ന് വിശേഷണം എങ്ങനെയാണോ ആ ജ്ഞാനത്തിന് പുരുഷൻ കാരണമായത് അതുപോലെ ദണ്ടും കാരണമാണ് ദണ്ടും കാരണമാണ് ഇത്രയും മനസ്സിലായാലും ഇനി പറയുന്ന മനസ്സിലാകും ഇത്രയും മനസ്സിലായോ ദണ്ഡീ പുരുഷനെന്ന് പറയുന്നിടത്ത് ജ്ഞാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് പുരുഷനുമാണ് ദണ്ഡുമാണ് ഒന്ന് വിശേഷിയുമാണ് മറ്റൊന്ന് വിശേഷണമാണ് ആ ജ്ഞാനത്തിന് വിശേഷവും വിശേഷണവും കാരണമാണ് ദീപുരുഷൻ എന്ന് പറയുന്ന ജ്ഞാനവ്യവഹാരം ദണ്ഡീ പുരുഷ അയം എന്ന് പറയും ദണ്ഡീപുരുഷ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദണ്ഡപുരുഷന്റെ ജ്ഞാനം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ സ്പഷ്ടമാണ് ഇവിടെ തന്നെ പ്രദീപജ്ഞാനം എന്ന് പറയുന്നത് പ്രദീപജ്ഞാനത്തെ കുറിച്ചാണ് ജ്ഞാനം ഉണ്ടായത് എന്തേ പ്രദീപജ്ഞാനമിതം ഇപ്പം നിങ്ങൾക്ക് എന്ത് ജ്ഞാനം ഉണ്ടായത് പ്രദീപജ്ഞാനം എന്ന് പറയും ഇതും ഞാനുണ്ടായി പ്രദീപ്ഞാനം ഇപ്പം പ്രദീപജ്ഞാനത്തെക്കുറിച്ചുള്ള ജ്ഞാനമല്ലേ അതിൻ്റെ വിഷയമായി പ്രദീപവും ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് വിശേഷവും പ്രദീപും വിശേഷണവുമാണ് ജ്ഞാനം അനുവസായ രൂപത്തിലുള്ള ജ്ഞാനത്തിന് ഹേതുവാണ് ദീപവും അനുഭവസായ രൂപത്തിലുള്ള ജ്ഞാനത്തിന് ഹേതുവാണ് കാരണം ഇവിടുത്തെ ജ്ഞാനം തുടങ്ങിയ പ്രദീപജ്ഞാനം ഇതെന്നാണ് അത് അതിനനുഭവസായെന്നുണ്ട് എന്തുകൊണ്ട് പറയുന്നു ജ്ഞാനത്തിന് വിഷയമാക്കുന്നുണ്ട് പ്രദീപജ്ഞാനത്തെക്കുറിച്ച് പറയണം പ്രദീപജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ അനുഭവസായ ഇതുമായിട്ട് വ്യത്യാസം നേരത്തെ അയം ഘടകമെന്ന് പറയുന്ന ജ്ഞാനം അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ് ഘടജ്ഞാനമാൻ അഹം രണ്ടാമത്തെ അനുഭവം ഇവിടെ അങ്ങനെ എൻ്റെ പറയുന്നു ഇവിടെ പറയുന്നത് എന്താണ് പ്രദീപജ്ഞാനം ഇതം ഇതും ജ്ഞാന ഇതാണ് ആദ്യം അതിൻ്റെ ഇഷ്ടം പറഞ്ഞത് ജ്ഞാന വിഷയക ജ്ഞാനമാണ് രണ്ടാമത്തത് ജ്ഞാനം വിഷയമായിരിക്കുന്ന മറ്റൊരു ജ്ഞാനമാണ് എന്ന് പറയുന്നത് പ്രദീപജ്ഞാനം ഇതം എന്ന് പറയുന്നു രണ്ടാമത്തെ ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്നത് പ്രദീപും ഞാനും അതിൽ വിശേഷിയുമായിരിക്കുന്നതും ജ്ഞാനം വിശേഷനുമായിരിക്കുന്ന പ്രദീപ് ഇത് രണ്ടും രണ്ടാമത്തെ ജ്ഞാനത്തിന് ഹേതുവാണ് അല്ലേ ഇനി നോക്കുക ജ്ഞാന വ്യവഹാര ഹേതുത്വം പ്രദീപജ്ഞാനം ഇത വന്ന് രണ്ടാമതും വന്ന് ജ്ഞാനം ആ ജ്ഞാനത്തിന് ഹേതുവായി പ്രദീപ ജ്ഞാനം എന്ന് പറയുന്ന നടത്ത ജ്ഞാനം പ്രദീപും ഹേതുവായേ രണ്ടും ഹേതുവായ വിശേഷണവും വിശേഷവും ജ്ഞാനത്തിന് ഹേതുവല്ലേ അപ്പൊ പ്രദീപഞ്ജ്ഞാനം ഇതം എന്ന് പറയുന്ന അനുവ്യവസായത്തിൽ അതിൻ്റെ ഹേതു ഹേതു എങ്ങനെയാണോ ജ്ഞാനമായത് അതുപോലെ പ്രദീപുമായി ഇപ്പം ജ്ഞാന വ്യവഹാരത്തിന് ഹേതുവായി പ്രദീപ് ജ്ഞാനവ്യവഹാര ഹേതുത്വം പ്രദീപത്തിൽ വന്നു അപ്പം ജ്ഞാനവ്യവഹാര ഹേതുത്വം ചിതാത്മാവിലെ വരാവും ഇതിൽ പല കാര്യങ്ങളും മനസ്സിലാക്കണം എന്ന് പറയുന്നത് എങ്ങനെ ദോഷം കാണിക്കല്ലേ ജ്ഞാനത്തിൽ വന്നുകൊണ്ട് കുഴപ്പമില്ല ജ്ഞാന വ്യവഹാരം ഏതൊത്തവും ജ്ഞാനത്തിൽ വന്നു പക്ഷെ ഇവിടെ എന്തിൽ വന്നു പ്രദീപും അതായത് ഒരു വിശിഷ്ടജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ ജ്ഞാനത്തിന് ചുരുക്കി പറഞ്ഞ വിശേഷം എങ്ങനെയാണോ കാരണമാകുന്നത് അതുപോലെ വിശേഷണവും കാരണമാണ് ഇതാദ്യം മനസ്സിലാക്കണം പ്രദീപജ്ഞാനം എന്ന് ഞാനുണ്ടായി അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ വിഷയമായിരിക്കുന്നത് ഒരു വിശേഷവും വിശേഷണവുമാണ് പ്രദീപജ്ഞാനത്തെക്കുറിച്ചാണ് ഞാനുണ്ടായത് അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ വിഷയമായിരിക്കുന്ന പ്രദീപജ്ഞാനം എങ്ങനെയാണോ പ്രദീപജ്ഞാന യുദ്ധമെന്ന് പറയുന്ന ജ്ഞാനത്തിന് ഹേതുവായത് വിശേഷണമായ പ്രദീപവും ി ജ്ഞാന വ്യവഹാര ഹേതുത്വം എടുക്കുക ജ്ഞാനവ്യവഹാരത്തിന് പ്രദീപൻജ്ഞാനം ഇതം എന്ന് പറയുന്ന ജ്ഞാനവ്യവഹാരത്തിന് ഹേതുവായി എന്ത് പ്രദീപം ജ്ഞാനവ്യവഹാര ഹേതുത്വം അതീവ ഇവിടെ രണ്ട് ജ്ഞാനമുണ്ട് അത് ശ്രദ്ധിക്കണം ഒന്ന് പ്രദീപം എന്നുള്ള ജ്ഞാനം രണ്ടാമത് പ്രദീപജ്ഞാനം ഇതം എന്നുള്ളത് പ്രദീപ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞപ്പോ ആ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് ആ ജ്ഞാനത്തിന്റെ ജ്ഞാനമാണ് പ്രദീപജ്ഞാനം ഇതം എന്ന് പറയുന്നത് ഇത് അയം ഘട എന്ന് പറഞ്ഞതിന് ശേഷം ഘടജാനവാനഹം എന്ന് പറയുന്നത് പോലെ പറയുകയാണ് അവിടെ എന്തു പറയുന്നു ഘടജ്ഞാനവാനഹം അതാണ് അനുവ്യവസായം ഇവിടെ അങ്ങനെയല്ല പറയുന്നത് എന്താണ് പ്രദീപ്ഞാനം ഇതം ഇതം എന്ന് പറയുന്നത് എന്റെ വിശേഷമാണ് ജ്ഞാനത്തിൻ്റെ വിശേഷം മറ്റൊരു ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് അത് അനുവ്യവസായം തന്നെ അതായത് ഇങ്ങനെ പറയണ ഘടം അയം ഘട എന്നിട്ട് പറയുന്നു ഘടാനവാൻ അഹം അതിന് പകരം പറയണ ഘടനം മമഞ്ഞാനം എന്നും പറയാമോ ഘടനമാണ് എൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞ ഘടനം ഇതം എന്നാണ് അർത്ഥം എനിക്കിപ്പോൾ ഉണ്ടായ ജ്ഞാനം ഘടനമാണ് അപ്പോൾ ഇതം ഞാനമെന്ന് രണ്ടാമത് പറയുന്നത് എന്തിനെ കുറിച്ചായിരിക്കും അതും അനുമസായ സംസ്കൃത വ്യാഖ്യാനത്തിൽ അത് സ്പഷ്ടമാണ് ഇപ്പം നിങ്ങൾ വായിച്ചു നോക്കണ്ട പിന്നീട് വായിച്ചു നോക്കിയ അപ്പോ ഇവിടെ എന്തു വരുന്നു ജ്ഞാനം പ്രദീപജ്ഞാനം അത് കഴിഞ്ഞ് വരുന്ന ജ്ഞാനം വ്യവഹാരം പ്രദീപജ്ഞാനം ഇതം അതിൻ്റെ ഹേതു എന്ന് പറയുന്നത് എന്തായി അതിന് കാരണം ഒരു വിശിഷ്ടജ്ഞാനം ഉണ്ടാകുമ്പോൾ വിശേഷവും വിശേഷവും രണ്ടും ജ്ഞാനത്തിന് ഹേതുവാണ് അതുകൊണ്ടുകൂടെ പ്രദീപവും ഹേതുവായി ദോഷം പറയാൻ വേണ്ടിയിട്ട് എത്രമാത്രം ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായോ വെറുതെ അങ്ങോട്ടാ മതിയായിരുന്നു പാവമ ദ്വീരി പക്ഷേക്കാർക്കെയും ഇടത്തില്ല കാര്യം പറയുന്നു അങ്ങനെ പോകാൻ വരട്ടെ ധീര്യം എന്താ പറഞ്ഞത് നിങ്ങളുടെ അനു വ്യവസായത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതുകൊണ്ട് അതിലധിവ്യാപ്തി അതിൽ അതിവ്യാപ്തി പ്രശ്നമില്ലെന്നാ അതുകൊണ്ടിവിടെ എന്ത് ബുദ്ധിയാണ് ഉപയോഗിച്ചത് അനുവ്യവസായം പറഞ്ഞില്ല അതല്ലേ ആദ്യം എന്നോട് ഇത് അനുഭവസായെന്ന് പറഞ്ഞത് ഇത് അനുഭവസായമാണെന്ന് പറഞ്ഞാൽ ഇത് പറയും അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പറയും അതുകൊണ്ട് താർക്കികം ബുദ്ധിമാനാണ് താർക്കിക അനുവസായം എന്ന് പറഞ്ഞില്ല താർക്കികം പറഞ്ഞു നിങ്ങൾക്ക് പ്രദീപജ്ഞാനം ഇതോന്നു പറഞ്ഞുണ്ടാവും ഉണ്ടാവും ഉണ്ടാവുമെങ്കിൽ വേണ്ട അനുവസായം വേണ്ട ഇത് അനുഭവസായം ഈ ജ്ഞാനത്തിന് വിഷയം എന്തോന്നു പ്രദീപവും ശരി അങ്ങനെയാണെങ്കിൽ ആ പ്രദീപും ഞാനും ഈ രണ്ടാമത്തെ ജ്ഞാനത്തിന് ഹേതുവാണോ എന്നാൽ പ്രദീപും ഹേതുവാണോ അപ്പോൾ ജ്ഞാന വ്യവഹാര ഹേതുത്വയോടെ വന്നു പ്രദീപത്തിൽ അപ്പോൾ അനുവ്യവസായം എന്ന് പറഞ്ഞോ അപ്പോൾ ഇതിന് അനുവസായം എന്താ അനുവസായം നിങ്ങൾ സ്വീകരിക്കണ്ട ഫലത്തിൽ അതെന്താണ് അനുവസായം പക്ഷേ താർക്കികന്മാർ പറയുന്ന രീതിയിലല്ല പക്ഷേ ഇതും അനുഭവസായം എന്ന് എന്തുകൊണ്ട് പറയുന്നു ജ്ഞാനഭിഷേകമാണ് അതുകൊണ്ടത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എങ്ങനെയാണത് അനുഭവസായം അല്ലാതാകുന്നത് എങ്ങനെയാണത് അനുഭവസായം ആകുന്നത് എന്നിട്ട് ജ്ഞാന വിവഹാര ഹേതുത്വം എങ്ങനെ ദീപത്തിൽ വരുന്നു അപ്പോൾ ജ്ഞാനപാര ഹേതുത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരുന്നു ദീപത്തിൽ വരുന്നു ഇനി ഏഹ് അത് ദീപത്തിൽ ദീപം പ്രകാശമാണ് ദീപപ്രകാശമാണ് അപ്പൊ ഞാനത്വം വരും പ്രകാശത്തും വരും അല്ലേ ദീപം പ്രകാശമാണെന്തോ അതാണ് ദോഷം ഈ ദോഷം വളരെ ചിന്തിച്ച് മനസിലാക്കണം നിങ്ങളുടെ ടീക വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ച് തരാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നില്ല ഇത്രയും വിശദീകരിച്ച് വിശിഷ്ടവേദന വിശേഷണാലംബനത്വ നിയമാ വിശിഷ്ടവേദന എന്ന് പറഞ്ഞാൽ എന്താ വിശിഷ്ടമാണ് അതിന് നിയമമാണ് വിശേഷണാലംബനത്വം എന്ന് വെച്ചാൽ വിശേഷണത്തെ വിഷയമാക്കുന്നു ആ പ്രതി പ്രതീപജ്ഞാനം എന്ന് പറയുന്ന പ്രതീകം കൊണ്ട് അതിൻ്റെ അടുത്ത് നോക്കും അതിൻ്റെ താഴെ തന്നെ അവിടെ ഇവിടെ ഇന്ന് തപ്പിക്കൊണ്ടിരിക്കരുത് കണ്ടോ പ്രദീപ ഞാനോ അത് കഴിഞ്ഞിട്ട് വിശിഷ്ട വേദനസ്യെന്നു വെച്ചാൽ വിഷ്ടജ്ഞാനസിന്റെ വിശേഷണാലംബനത്വം എന്ന് വെച്ചാൽ വിശേഷണ വിഷയം ഇതൊരു നിയമമാണ് വിഷയജന്യത്വാച്ച പിന്നെ ജ്ഞാനം എന്താണ് വിഷയജന്യത്വാച്ചാനസ്യ ആ ജ്ഞാനോന്ന് പറയുന്നത് എന്താണ് വിഷയജന്യമാണ് വിഷയം എന്ന് പറയുന്നത് രണ്ടുമാണ് ഇവിടെ ഇപ്പം പ്രദീപത്തെ എടുക്കാൻ വേണ്ടി പറയണം പ്രദീപജ്ഞാനമിതമിത്യ അനുവ്യവസായ സ്യാണ് അപ്പോൾ ഈ പ്രദീപജ്ഞാന ഇതമെന്ന് പറയുന്നത് എന്താണ് അനുവ്യവസ്ഥമാണ് അഭിജ്ഞാരൂപ വ്യവഹാരസ്യ വ്യവഹാരം അഭിജ്ഞയോ അഭിവദനോ ഏതോ ആകാം ഇവിടെ അഭിജ്ഞ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം നിർത്തും മനസ്സിലായോ അനുവ്യവസായ ജ്ഞാനമാണല്ലോ അതുകൊണ്ട് അഭിജ്ഞ ഇനി അഭിവദനമൊന്നെടുത്താലും ദോഷമില്ല അഭിവദനത്തിലൂടെ അഭിജ്ഞ അഭിജ്ഞയിലൂടെ വിഷയത്വം വരും അഭിജ്ഞാന വിവഹാരസ്യ സ്വവിഷയജ്ഞാന വിശേഷണീഭൂത സ്വവിഷയജ്ഞാനം എന്താണ് പ്രതീപജ്ഞാനം അതാണ് സ്വവിഷയം സ്വശബ്ദം കൊണ്ടേനെടുക്കും സ്വം കൊണ്ടേനെടുക്കും ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളു സ്വന്ന് പറഞ്ഞാൽ പ്രദീപജ്ഞാനമിതം എന്ന ജ്ഞാനം അതിൻ്റെ വിഷയജ്ഞാനമായി എന്താണ് പ്രദീപജ്ഞാനം പ്രദീപജ്ഞാനം അത് അതിൻ്റെ വിശേഷണം എന്തായി പ്രദീപം തജ്ജന്യത്വം പ്രദീപജ്ഞാനം ഇതം എന്ന അനുഭവസായത്തിൽ അസ്ഥി ഇത് ജ്ഞാനവ്യവഹാര ഹേതു ജ്ഞാനവ്യവഹാരത്തിന് ഹേതുവായ പ്രദീപെ അതിവ്യാപ്തി പ്രദീപത്തിലെ അതിവ്യാപ്തി രണ്ടുമൂന്നു ശ്രദ്ധിച്ച് വായിച്ചിട്ട് ഓരോ പദങ്ങളും എടുത്ത് എവിടെയാണ് ലക്ഷ്യത്തിൽ അന്വയിക്കുന്നതെന്ന് നോക്കി കഴിയുമ്പം വ്യക്തമാവും മനസിലായോ അപ്പൊ ചിന്തിക്കേണ്ടിയോ